ൊടുക്ക <laughs> <laughs> ുംവാബ് അഴക്കല്ലേ അതിൻ്റെ സാധിക്കൂലോ കേട്ടോ ഓർക്ക് ചെയ്യാൻ കഴിയൂല അതിലടക്ക് ഇതുവഴി പന്തില്ലാത്ത ഇടക്ക് എന്ന് പറഞ്ഞ ഓർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാത്തന്നെ അതാണ് ഏറ്റരാൾ ഇതിനായിട്ട് ഈ വിശ്വച്ച് ബന്ധമുണ്ട് പക്ഷേ ഏതാപുമായി ബന്ധമില്ലാത്ത നടുവിലേക്ക് കൊടുക്കുന്നു അതായത് എന്നാണ് ആയത്തിന്റെ ബാക്കി മായനയിൽ വരിക വയജ അലോനത്തി പെമ്മക്കൾ ഉണ്ട് ഓർ വാദിക്കുന്നു ഇവർക്കും പൊന്നും പറ്റൂല ഇവർക്ക് അമ്മക്കോ അപ്പൊ പെമ്മക്കളെല്ലാം അള്ളാഹും കൊടുക്കുക ആമക്കളെടുക്ക അതിന്റെ ചെയ്ത പണി ശരിയില്ലാന്ന് കാണിക്കാൻ ഈ സുബഹാനം എത്ര ആളുറയും എന്തുകൊണ്ട് ഇവർ ചെയ്ത പണി വടക്കാന്ന് അറിയിക്കാനുള്ള അർത്ഥമാണ് അതേവസരത്തിന് ഏതാപി യാതൊരു ബന്ധമില്ല ഇതാണ് എത്ര ആളും ഇടക്ക് ഇനി ഏതാണുള്ളത് എന്ന് പറഞ്ഞാല് ഒരു കലാമ് നമ്മൾ എന്ന് പറഞ്ഞ് തുടങ്ങി പറഞ്ഞോണ്ടിരിക്കുമ്പോൾ മാറ്റും എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഞാനെന്താണ് ഈ വാദത്തിന് അടക്കപ്പെടുന്നു അപ്പോൾ മുത്തക്കല്ലിമല്ലി മഹാത്തമയിലേക്ക് മാറിക്കളഞ്ഞു അതാ വല്ല ഞാൻ അവനിലേക്കല്ലേ മടങ്ങി പോകേണ്ടത് എന്ന് ഇത് കൊണ്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ പുറപ്പെടിച്ചു അപ്പൊ മണ്ണിറക്കിയത് പറയും പുറപ്പെടിച്ചാണ് അറിയല്ല ശരി മാറ്റമാണ് ചെലവിധാനമോ മറ്റേ ഒത്തക്കുന്ന ഒത്തക്കുന്നാ റബ്ബക്കും അപ്പുറം റബ്ബ് പറഞ്ഞു ഇപ്പറൊന്നും പറഞ്ഞു അത് പിന്നെ എഴുതിയല്ലോർ പുറം ഇങ്ങനെ കാണിച്ചു കൊടുക്കലത്തിന ാണ് അസം പറഞ്ഞാൽ ഇവിടെന്താ പറയാൻ കുറെ കളറിന്റെ പേര് പറയാം ഈ കളറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളറല്ല ആ കളറ് സൂചിപ്പിക്കുന്ന കളർ പ്രതീക ഉദാഹരണത്തിന്റെ അവന്റെ മുഖം കണ്ട കറുട്ട് ഈ കറുപ്പ് എന്ന് പറഞ്ഞാൽ കറുക്കനല്ല ഉദ്ദേശം ഓരോ മുഖത്തിന് തെളിവില്ല അപ്പൊ ഉള്ളിലെന്തോ ദുഃഖം ഉണ്ട് അറിയിക്കില്ലേക്കാ നമ്മൾ മിന്നല്ലോമ തന്നോ ഒരു ചെലയാള മുഖം വെളുത്തിട്ട് വന്നു അപ്പോഴെ കറുപ്പ് വെളുപ്പ് എന്നുള്ള സന്തോഷം ദുഃഖത്തിന് തൊട്ട് വിഭാഗത്തേക്കൊണ്ട് കളർ ആ കളറോട് സൂചിപ്പിക്കാം അതാണ് ഞാന് മുതബ എന്ന് സാധനം ുംറുപ്പുടേ സാധനത്തിനെപ്പറ്റി ഭാറത്തായിക്കൊണ്ടാ പറയാ നമ്മളെ പുള്ളിലാണ് മടക്കപ്പെടൽ ഹിസാബ് എടുക്കാൻ നമ്മളെ പേരിലാണ് കടമ എന്ന് പറഞ്ഞു അപ്പൊ നോക്കി അപ്പൊ ഒന്ന് മടക്കപ്പെടൽ മടക്കപ്പെട്ടതിന് ശേഷം ഹിസാബ് അടുക്കൽ പറയാനൊരു പേര് ഉണ്ടല്ലോ ഇത് ഇന്ന ഇലൈന ഇജാബും തിറാസിനെന്താ പറയാവും ഇത് അതിന് താരീഫ് പറഞ്ഞിട്ടില്ല പറയുന്നതിന് മകനം താക്കും ഒരേ കരിമത്ത് ആവർത്തിക്കുക വിവിധങ്ങളായ മേലു ആവർത്തിച്ചു പക്ഷേ മൂന്ന് മേലാക്കും والتوصيه نورنا انك قولي تعالى مو ان الله على كل شيء قدير وان الله تبارك احاط بكل شيء علما നിങ്ങൾ അറിയാൻ വേണ്ടി അള്ളാഹു താന എല്ലാ സൈനും ഖദീറാണ് അപ്പോൾ കുദരത്തിനെ பத்தி പറഞ്ഞു അല്ലേ അപ്പോറത്ത് പോലെ കുതിരത്തിന്റെ വേണ്ടി മറ്റൊരു ബാറത്ത് പറയും രണ്ടും രണ്ട് ചേരീറ്റും പറഞ്ഞില്ലേക്കും നമ്മളാതിലൂട്ടല്ല ംബിക്കൊരു നിൽമ അപ്പൊ നിരത്തിലെ പറ്റി രണ്ട് രണ്ട് ശൈലിയിൽ പറയും അത്രത്തോടെ അടുക്കട്ടെ എല്ലാം തീർന്ന പിന്നെ അതൊന്നും ചെയ്യണ്ട എന്നാലും അതിനോടൊരു ഒരു കടമുണ്ടല്ലേ നമുക്ക് പ്രത്യേകിന് വിശദീകരണം അത്ര അതിന് ചരിത്രങ്ങൾ കൊള്ളു മൂന്നാമത്തെ മഹത്വം ധിക്കിരന്റെ മഹത്വം അതായത് ഇന്ന ദിക്കിരന്ന് പറയൂല ഇന്ന കരിമത്തിന്റെ അത് വേറെ പറയും അടുത്ത വാമിനി തസ്മീഹിന്റെ വാക്ക് ഹൗക്കലത്ത് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ എന്താണ് അത് വിവിധങ്ങളായ വേറെ വേറെ കരിമത്ത് ഇത് മൊത്തത്തിൽ പറഞ്ഞ സാധനത്തിന്റെ അതാ മുത്തലക്കാൻ അതിന്റെ മേൽ പ്രേരിപ്പിക്കാനുള്ള ഹരീഫുകളും ഒന്ന് ഫലാൻ പറയാം അതെല്ലോണം ചെയ്യണമെന്നും പറയാറുകൾ എന്നുള്ളത് ഫലായിൽ വളരെ വണ്ണം മാറി ില്ല അതിനോടേന ക പെട്ടെന്ന് ഉണ്ട് അതൊക്കെ കൊടുത്താലും ഏറ്റക്കാപ്പിരുന്നാലും ഫലതും മുട്ടുമല്ലേ ഇലാന കണിയെടുത്തേക്കാണ് െ പതിവാക്കലുണ്ടല്ലോ നിത്യമാക്കലെ ഇയാളെ നീട്ടിക്കൊണ്ടുപോയി ദീർഘകാലം ചെയ്തു അർത്ഥം തായിൽ അനുഗ്രഹീതമായ എല്ലാ കാര്യവും കിട്ടിക്കഴിഞ്ഞു തായിൽ എന്ന് പറഞ്ഞാൽ സാധാരണ തന്നെ കാര്യം താഴിലാത്ത ഹെറ്റഹു എന്ന് പറയുന്നില്ലേ അതിലേ ഒരു ചുക്കുമില്ല ഒരു പ്രയോജനം അല്ലാ തായിലാത്ത ഹെറ്റഹും പറയാൻ വേണ്ടിട്ടേ ഒരു കാര്യം തെറ്റില്ല നമ്മളെ ചില ജോദങ്ങളെ പോലെ മുതൽ സമയങ്ങളും അനുഗ്രഹീതമായ കാര്യമുള്ള എല്ലാ കാര്യവും നേടാൻ ഒന്ന് സാധിച്ചു കഴിഞ്ഞു അത് മേലിൽ അറിയിക്കാനുള്ളത് കൂടി ചേർന്നുണ്ട് തലാഹറും പലരും സംഘടിക്ക എന്താണ് കലാഹരത്തിന്റെ അനുഷേദ്യമായ ദലീലുകൾ ഒത്തിരി കൂടിയിട്ടുണ്ട് കരിയമായ ആയത്തുകളാൽ ആ സനീഹത്ത് വളരെ വ്യക്തം അതിന് കൂടെ തഫ്സീലിലേക്കൊന്നും ആഴത്തിൽ ഇറങ്ങണ്ടായില്ല വളരെ വ്യക്തമാണ് യും വിഷയത്തിൽ ഈ ആയത്തോളം ബാഹുല്യം എല്ലാരും അതിർത്തിയിലേക്ക് എത്തി ഒതുക്കലുണ്ടല്ലോ അതിനെ തൊട്ട് പുറത്തു പോലീക്കും എണ്ണത്തിന്റെ തൊട്ട് അതീതമാണ് അതെടുത്തേക്ക് നോക്കിട്ട് കസരത്തിലേക്ക് നോക്കിട്ടാണ് നമ്മൾക്ക് എണ്ണം കസരത്തിലേക്ക് നോക്കിയിട്ടല്ലേ കസരത്തിന്റെ കാരണത്താൽ എത്തിച്ചേർന്ന് എണ്ണി തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി പിന്നെ യുഹനി അനി ഹാ തെളിവ് പിടിക്കുന്നുണ്ടല്ലോ ഇന്നാത്തിന് ഇന്ന തെളിവ് ഇന്ന വിഷയത്തിന് തെളിവ് ആ തെളിവ് പിടിക്കുന്ന തൊട്ടിട്ട് ഹനിയാക്കുകയും ചെയ്യും അത് അവതുമൊക്കെ പറ്റിയെന്ന് പറയുന്ന ولكننا نذكر شيئا منها آيات حديثة لننعم قورتش قد يمبرهم على سبيل التبرك تبرك أرستماكم بردئ بكلام الله تانى الله ونك لام قندم وحديث رسول الله صلى الله عليه وسلم وحديث قندم وحديث قندم اللفظ لك للام وطنبه على سعاتك رم الله سبحانه وتعالى لمن يجهل ببرم الله تعالق لك وليتنبيره വളരെ വിശാലമാണ് എന്ന് അറിയിച്ചു അറിയാത്തറിഞ്ഞിട്ട് ഓർ ഓർമ്മിപ്പിക്കരുത് അപ്പൊ അറിയാത്തവനിക്ക് പഠിപ്പിക്കരു അതാണ് അറിയുന്ന ആളുണ്ടെങ്കിൽ ഓർക്ക് ഓർമ്മ പുതുക്കല് പറഞ്ഞത് ആ ഓർമ്മിപ്പിക്കല് മോമിനിയെത്തും ും ഞാൻ നിങ്ങളെ ദുഃഖം നമ്മൾ നിൽക്കുന്ന ഗഫിയത്താണ് അള്ളഹനത്തിൽ അപ്പൊണ്ടേണം പഠിച്ചല്ലോ വയ്ക്കുന്ന വാചകം രണ്ടാക്കും കൂടി പറഞ്ഞാൽ അന്നാക്കനുസരിച്ച് അന്നാക്കർത്ഥം ഉണ്ടാവും നമുക്കനുസരിച്ച് നമുക്ക് അർത്ഥം ഉണ്ടാവും ഉദാഹരണം പറഞ്ഞില്ല ഭക്ഷണം കഴിച്ചി അപ്പൊ ചെറിയ കുഞ്ഞാണെങ്കിൽ അതിന്റെ ഭക്ഷണം വേറിയായിരിക്കും ബലിയാളാണെങ്കിൽ അവരെ ഭക്ഷണം വേറിയായിരിക്കും രോഗിയാണെങ്കിൽ അവരെ ഭക്ഷണം ആയിരിക്കും ആ ഭക്ഷണം പക്ഷെ ഭക്ഷണം എന്നൊരു ഒരു പുല്ല്യായ വാക്കാന്ന് പക്ഷെ ഇവിടെന്താണ് മുഖാബലും നിങ്ങൾ എനിക്ക് ചെയ്യണം എന്റെ നിയമത്തുകളെ നിങ്ങള് പാടില്ല നന്ദികന്നോല വല റുല്ല എന്നുള്ള തേക്കീലിന്റെ രാമാ തീർച്ചയായും അള്ളാഹുവിന്റെ ദിക്കിർ അക്ബറാണ് അള്ളാഹിന്റെ ദിക്കിർ എന്ന് പറഞ്ഞാലോ ഈ ദിക്കുറീന്റെ ദിക്കിർ മസ്തറല്ലേ അത് അല്ലാനെ എന്ന് പറയുമ്പോ അന്നാലെ നമ്മൾ അത് വലിയ കാര്യപ്പെട്ട സംഗതിയാണ് അമലാന്നിങ്ങനെ നടത്തുന്ന ഇനി നിങ്ങൾക്ക് ചെല്ലുമ്പോ അല്ല ഇങ്ങോട്ട് തരുമല്ല ഇങ്ങോട്ട് തരുമ്പോ അല്ല നമ്മളെ പറ്റി ഓർമ്മിക്കാന്ന് ഓർമ്മിക്കുന്ന അരില്ലോ അത്രേ അർത്ഥം പാക്ക് പറയാൻ കഴിയുള്ളൂ അല്ല മറന്നു മറന്നിട്ടുള്ള ഓർമ്മിക്കലൊന്നുമല്ല അല്ല നമ്മളെ പറയുന്ന പിന്നെന്തെങ്കിലും മലയാള വാക്ക് പറയപ്പോ ഞാൻ അതെ ഓർമ്മിക്കാനും ഓർമ്മിക്കാനുള്ള ഓർമ്മന ഓർമ്മിക്ക് നടക്കൂലല്ലോ അവിടെ മറന്നു വന്നിട്ടല്ല ആ ഞാൻ ഇന്നലെ വെറുതെ കണി ചോദിച്ചിപ്പ ആർക്ക് ഉത്തരം കിട്ടുന്നില്ല എല്ലാം കൈകാര്യം ചെയ്യുമ്പോ കാലം നടത്താൻ നല്ല കുറച്ച് എളുപ്പം ഉണ്ടാവില്ലേ നമ്മുടെ കൂടിക്കൊടുക്കുന്നുണ്ട് ഇനി ചോദ്യം തന്നെ നമ്മതെല്ലാം കൈകാര്യം ചെയ്യുമ്പോ എന്താ കുറച്ച് പണിയാ എളുപ്പ ആശാ ചുപ്പുളിയിലും പിടിച്ച് മരം സെറ്റാക്കി വെച്ചു ആശാരിക്ക് പണി കുറച്ചു അല്ല ജനങ്ങളെ ജനങ്ങളെ ധാരണ പോയ പോക്ക ഇതല്ലോ അതെ താൻ പറഞ്ഞു ഇവിടെ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന് നാം വെക്കല്ലോ അപ്പൊ അള്ളാ അത് കൂറായി അല്ല നമ്മളെ ദക്ക് അത് എന്ന് പറഞ്ഞത് അപ്പൊ ഒന്നാമത്തെ പ്രകാരം അത് രണ്ടാമത്തെ തർക്കി പ്രകാരം അത് വല്ലാത്തൊരു നിയമത്തിൽ തന്നെയാണ് അതിനെക്കാണെങ്കിൽ വലിയ നിയമത്തിൽ പക്ഷെ അതിന് എന്ത് പോണ ദിക്കർ തുടങ്ങണം പക്ഷെ നിങ്ങൾ അള്ളാക്ക് ചെയ്ത സുലൂഖായ ദിക്കറുണ്ടല്ലോ അത് വലിയ കാര്യമാണ് ആ സുലൂക്കിനെ തുറന്ന് അള്ള ദിക്കുർ നിങ്ങൾക്ക് ദിശയിലും വലിയ കാര്യം േ അല്ലാഹി അറിയണം അള്ളാഹു കൊണ്ട് മാത്രമാണ് കൽബുകൾക്ക് തുമുണ്ടാവുക കൽബിനി മറ്റൊന്നും കൊടുത്താൽ കൽബു തൃപ്പുതിപ്പെടൂല്ല അതിന്റെ ആവശ്യമൊന്നും അതല്ല അല്ലാതെ എത്തി തന്നെ കയറി കിട്ടണം വേറെ ഒന്നെണ്ണം കൊടുത്താൽ തൽക്കാലം ആശ്വാസത്തിന് മാങ്ങിയെങ്കിലും കൊണ്ടുപോയി വെച്ചാണോ അതൊന്നും ആവശ്യമില്ല അതിനെ കാണാൻ മുന്തിയ കൊണ്ടു കൊടുക്കാം ആദ്യം നാടൻ കൊണ്ടോ കൊടുത്തു നാടൻ ഒരു അത് തീർക്കാൻ തൃപ്തി ഒക്കെ വിളിച്ചാൽ ഇനിയിപ്പൊ ഫോറിൻ കൊണ്ടു കൊടുക്കണോ പിന്നെ നല്ല നല്ല മുന്തിയാണ് കമ്പോ കൊടുക്കണോ പക്ഷെ കൽഭം കൊണ്ടൊന്നും പെടൂല അതെറൊക്കെ അൽക്കലോബ് എല്ലാ കൽബുകളും അടിപ്പിലാമാണെങ്കിൽ കൽബ് എന്ന സാധനം അല്ല പഠിച്ചിട്ട് അതിന്റെ തുമ്മിനത്തിന്റെ എന്താണ് മിക്കുറ മാത്രമാണ് അല്ല അൽക്കൊലോബ് എന്നുള്ളത് അഹദിന്റെ കൊലോ ഏത് പ്രത്യേക ചില കൽബുണ്ട് അക്കൽബിന് അല്ല നിക്കുര് കൊടുത്താലേ തുമ്മിനാമുള്ളൂ അങ്ങനെയാണോ അർത്ഥം ഞാൻ പറഞ്ഞെല്ലാം ഏത് കൊലത്തിലും കേൾബിന്റെ ശൈലി തന്നെ വെക്കുന്നത് കൊണ്ട് തുമ്മെടുത്താലാണ് എല്ലാ കൽബിന്റെയും അപ്പൊ ഇഷ്ടങ്ങളാക്കി പെട്ടെന്നല്ല ബാഗുകൾക്കു ലോകവും അതിൽ നിന്ന് സെലക്ട് ചെയ്തറിയപ്പെട്ട കൽപ്പും പക്ഷെ ഉറപ്പിച്ചു ദിക്കര് കുറച്ച് പോരാന്നാ പറയും ധാരാളം ചെയ്യണം കസരത്തില്ലാത്ത ദിക്കർ നമ്മളെ ഉണർത്തുന്നില്ല ദിക്കറിന്റെ കസുരത്ത് വേണം കസുരത്ത് വേണം അപ്പൊ കില്ലത്തുകൊണ്ട് നമുക്ക് മതിയാകില്ല അവിടെ സൂചിപ്പിക്കുന്നു ആ മുനാഫ്രിക്കങ്ങൾക്ക് ദിക്കറില്ല കുറച്ചായി പോയില്ല തീരെ ദിക്കറില്ലെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ കസരത്ത് കൊണ്ടേ ദിക്കിന്റെ ഈ സമരത്തിൽ ഇട്ടുകൊള്ളൂ എന്നാണ് മഷേഖ്മാർ എല്ലാം എടുത്തിട്ട് പറയുന്നത് മിനിമം മുന്നൂറാന്ന പറയുന്നുണ്ട് കസരത്തിന്റെ മുത്തവസ്യത്ത് അഞ്ഞൂറ് ഉം പിന്നെ ലക്ഷബന്ധിത്ത കസരത്തിനെ പറ്റി പറഞ്ഞ മിനിമം അഞ്ഞൂറ് പിന്നെ മുത്തവാസത്തെ ആയിരം അതിന്റെ മേലക്കട അയ്യായിരം ല്ലേ അഞ്ഞൂറ് ആയിരം അയ്യായിരം അല്ല അവർക്ക് ജലാലത്തേക്കു മൊത്തത്തിൽ പലയാൻവാറുണ്ടെങ്കിൽ എല്ലാം കൂടെ മൊത്തത്തിൽ നാലല്ലൂറാത്തോണ്ട് എഴുപത്തി അഞ്ചായില്ല അറീ വസ്തല്ലേണ്ടത് രാവിലെ സൂര്യൻ താകാൻ തുടങ്ങിയത് അപ്പൊ ഏതാണ്ട് മുതലോട്ടായിരുന്നു ആയത്തിന്റെ ആവർത്തന ഓരോന്നിനും ഓരോന്നും തസ്മീന്റെ സമയം പറഞ്ഞു പറഞ്ഞു അതേ കസീറം പോലെ തന്നെ ആശയത്തിലൊന്നല്ലേ പക്ഷെ ഇവിടെ ഫലാഹം കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അടിയും സങ്കല്പിച്ചാ മതി അടുത്ത ആയത്തിലെ ചെല്ലന്റെ ജീതിയ പറയുന്നു സ്ഥലത്തില് അറിയുന്നുണ്ടാവും പുറത്തു വാളരെ ശ്രദ്ധിച്ചാലേത്തം കിട്ടുള്ളൂ ശരിക്കും അത് ഫീനസിക്കണം അതന്നെ തളർവ് വളരെ താഴ്മയോട് കൂടി പിന്നെ ജഹറിന് താത്തിട്ടും ജഹ്ർ വേണ്ടത് എന്നാൽ പിന്നെ ജഹ്ർ പറഞ്ഞാൽ മാത്രം ജഹരി പുറത്തുള്ള ഒച്ചപ്പാടും ബഹളം ഇവന്റെ മനസ്സിൽ വേണ്ടി ഇവന്റെ ജഹ്റോട് അതിനുവേണ്ടി ജഹ് ഉണ്ടാക്കിയ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അസതി ഉം പക്ഷെ അങ്ങനെ പരാട്ടി സാധനം വലിയ വിധേയം തശിവ അപ്പുറത്തു മൊബൈൽ ആള് വർത്താനം പറയുമ്പോ ശബ്ദം അങ്ക് വെച്ചില്ലേ അപ്പൊ അതിന്റെ ഒച്ചപ്പൊണ് ഒച്ചപ്പണ്ണത്തൊട്ട് വിചാണ്ടെങ്കിൽ നമ്മളെ ശബ്ദം നമ്മളെ തോർച്ചുണ്ടാണ് അത് ഒതുപിലും ഏതാ നേരത്തെ ബുക്ക്റത്തം പറഞ്ഞു വലത്തക്കും പെടാൻ പാടില്ലെന്ന് പറഞ്ഞു ുംപുല കുറൂബിഹ കുറൂബിന്റെ മുമ്പും നാല് സമയന്ന് പറഞ്ഞു അല്ലേ അപ്പൊ മുത്തലക്കായ ഒരു പകലും മുത്തലക്കായ രാത്രിയും പിന്നെ മുക്കയിലായ പ്രത്യേക സമയം രണ്ടിന്റെ തുടക്കത്തിലായി മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി ആ പ്രത്യേക തസ്ബീരില അല്ലാത്ത ഇങ്ങനെയൊക്കെ നമ്മളൊന്നും പറ്റൂല കണ്ടെക്കാനല്ലാണ്ട് സാമ്പിളിനു ഓരോന്നെ വേണോ അല്ലാണ്ട് നടത്തിപ്പണേ നമ്മളെ കൊള്ളയിച്ച് അല്ലേറ്റല്ല ഇങ്ങനെയാണ് അള്ളാഹു അവന്റെ അമ്മ ഇനത്തൊന്ന് പഠിപ്പിച്ചുകൊടുക്കരുത് അമ്പിയാക്കുള പഠിതം പഠിപ്പിച്ചത് ആഴ്ചയില്ലെങ്കിൽ അവിടെ കടക്കേണ്ടി വരുമായിരുന്നു അപ്പൊ ആ കേയാമന്നാളവനെ കടത്തം ഒഴിവാക്കി കിട്ടി വിട്ടയച്ചല്ലോ അപ്പൊ തസ്മീഹി അള്ളാഹ് സമബാക്കി വെച്ചല്ല പ്രധാനപ്പെട്ട് പറയുന്നു ഒരാഴ്ച മൂന്നു ദിവസാ പറയുന്നുണ്ട് നാല്പത് ദിവസം പറഞ്ഞിരിക്കുന്നു ചെറുതാന്നുമല്ലോ ഭയങ്കര ചെറുതായിരുന്നു വന്നിട്ട് തിങ്കി പിങ്ങിട്ടിങ്ങനെ ഒന്നിക്കുന്നത് ചെറിയ മുഴുവൻ ബക്കാനേ ഓർഡർ ഉള്ളു കടിക്കാൻ പൊള്ളിപ്പിക്കാൻ പാടില്ലാന്ന് ഈച്ച പറ്റുമ്പോൾ ചെരങ്ങി ചിരങ്ങയല്ലേ അവിടെ ചെറങ്ങി പറഞ്ഞു ഞാൻ വേദന മഴക്കാതെ ാണ് ഒന്നാമത്തെ പറഞ്ഞത് കിയാമെന്ന് പറഞ്ഞു ഒന്നിക്കും ഈ കഥമിന്നുള്ളിങ്ങനെ ഇല്ല കിയാമെന്ന് ഏത് പോലത്തിലും കിയാമെന്ന് നടത്ത ഓട്ടല്ലാമിൽ വന്നു കൊഴുത് എന്ന് പറഞ്ഞാൽ ചന്ത അടങ്ങി ഒരു ബക്കലാന്ന് അത് കസലമിന്നെക്കുള്ള ചുളച്ചിന്നെക്കുള്ള പായ്ക്കത്തിൻ്റെ എല്ലാം കൊഴുതാണ് ഒരു തടി മൊത്തത്തിൽ വക്കലാന്ന് കടുത്തം അവസരത്തിൽ നയത് നമ്മുടെ ചില നാണു അടി സങ്കല്പത്തിലുണ്ടാവും സ്ഥലത്ത് പറഞ്ഞ മറ്റേ സ്ഥലത്ത് മതിയാക്കുവല്ല അതിനല്ലേ എന്താന്ന് പറയാണ്ട് മറ്റൊന്നും പറയാതിരിക്കലേകളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അബ്ദുലാളെ പെണ്ണുങ്ങളിൽ അവലക്കന്മാരുണ്ടാവൂലെന്നൊരു വാദം ഉണ്ട് തമിഴ്നാട്ടിൽ തിരിച്ചു വെച്ച് ും പറഞ്ഞു എല്ലാരെയും മറികടക്കുന്ന വലിയ ഇനി കൊടുക്കുന്നത് ഈ പത്തെണ്ണത്തിന് പണ്ടുങ്ങളെല്ലാത്തിലുണ്ടല്ലോ പെണ്ണുങ്ങളെ പങ്കെടുപ്പിച്ചിട്ടാണ് പിന്നെ ചില വേദിന്ന് മാറ്റി നിർത്തോർക്കഥാ പൊന്നലി ഒരാൾക്ക് വേദി നിശ്ചയിച്ചാ നീ ഓടി ആ ഇത്തേക്കില് ഇരിക്കലല്ലേ പൊന്നായിലധികോ പണ്ടു പറഞ്ഞത് നീ പൊരക്ക് നിക്കലിക്ക് ആണുങ്ങൾ കിട്ടുന്നു ആരാ നിക്കാതെ ചില ആക്കിയോ ഓരാ പറയുന്നു അല്ലേ അവിടെ പറയുന്നത് ഞാനിങ്ങൾക്ക് വരുന്നു എനിക്കും പണ്ണിലെ പൊന്നാലിൽ കിട്ടണോ പൊന്നാല് എടുത്ത് പറഞ്ഞ മണി എടുത്തല്ലേ പറഞ്ഞു ഇവിടെ പറയുന്നു രാവിലെയും വൈകുന്നേരം കുറേ ആളുണ്ട് അവരെ കൂടെ അവരെ കൂട്ടത്തിരുന്നുള്ള തങ്ങളോടാ പറയുന്ന ആവോട്ട് ഇരിക്കണം നേർക്കു നേരം ഓരോന്നും തങ്ങളിലേക്ക് മടങ്ങലിലേക്കാണ് സൂചിപ്പിച്ചത് പക്ഷെ വരിക വലാ താതും അതിനാ കഞ്ഞും തങ്ങളെ കണ്ണ് ഓറിയുമ്പെട്ട് മറ്റൊന്നേക്ക് തെറ്റാനും പാടില്ല ഓരോ കാലത്തിൽ എപ്പോ നോക്കിക്കൊണ്ട് ഓരോ കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് നോക്കാം തങ്ങളെ ശ്രദ്ധ ഓറിയുമ്പെട്ട് തെറ്റാനും പാടില്ല എന്നാണ് അപ്പൊ ഒന്ന് ദാത്തിയായ സ്വരംഭത്ത് മറ്റൊന്നോ ദാത്തൊന്നും എപ്പോഴും അതനിക്കാൻ കഴിയില്ലല്ലോ ആ ഫോർ ചോറിച്ചോളി കഞ്ഞുടിച്ചിനി ഓരോന്താ മനസ്സോണ്ടുള്ളൊരു ശ്രദ്ധ ഉണ്ടാവുമല്ലോ എല്ലാ കാലത്തേക്കൊന്നുമല്ല തങ്ങളുള്ള കാലത്തല്ലേ തങ്ങൾക്ക് ആ ആ ദാത്തോണ്ട് വരാനുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള മഴവിലൊക്കെ എപ്പോണ്ടാവുമല്ലോ ണക്ഷൻ കിട്ടിട്ടില്ലല്ല നൂറുകണക്കിന് തെളിവല്ല ഞമ്മ എത്ര മാസ ഓതിയസുബാനം ഇത് മഷീർണ്ണ പ്രസംഗിച്ചു ആശാ എന്ന് പറഞ്ഞെന്താന്ന് ഇതിന്റെ കണ്ണിനുണ്ടാകുന്ന രോഗാന്ന് കണ്ണിന് പല രോഗം ഉണ്ടാവുമല്ലോ ദൂർഗക്കാഴ്ച അടുത്ത കാഴ്ച ബെൽറ്റ് ചെറുതായി കാണല് ചെറുത് ബെൽറ്റായി കാണല് മുസ്തവിയായ സാധനം ഉണ്ടായിത്തോന്നല് കൊണ്ടുള്ള സാധനം ഒന്ന് മുസ്തവിയായി തോന്നല് പിന്നെ ചരിക്കുന്ന സാധനം ചരിക്കാണ്ട് തോന്നുന്നു ആ ചലിക്കാത്ത സാധനം ചരിക്കുന്നതായി തോന്നിങ്ങനെ കണ്ണിന് പണ്ണിയാൽ ഒടങ്ങാത്ത ആയിരം ആയിരം കായിരക്കണക്കിന് ഇറുണ്ടല്ലോ ഇരട്ടയായി കാണല് ഇതെല്ലാം അതിന് എണ്ണ തീരുമോ എന്താണ് അന്നാ രാജ് അതിൽ ഒന്നാണ് അത് അശുവ് അശുബ് തന്നെ രാക്കണ്ട പറ ാണ് മൂടലി അതിന് മൊള്ളി തിമിനൊന്നുണ്ട് കാഴ്ന്നു പല ഇതങ്ങളുണ്ട് ചുരുക്കത്തിൽ കണ്ണിനുണ്ടാകുന്ന ഒരു കാഴ്ച കാഴ്ച വൈകിട്ടും തൽക്കാലം ഒറ്റവാക്ക് പറയാം ആൺമാർക്കിറ്റ് അന്നാണ്ട് ഇതൊക്കെ കണ്ണ് കാണാത്തൊരു മനുഷ്യൻ എന്താ അവിടെ കിട്ടുന്നറിയോ നൂക്കാഞ്ചിന്ത അമ്പ് വിട്ടിട്ടുണ്ട് ആ ശൈത്താൻ നടക്കുകയില്ല ഇതെക്കിന് വിട്ടാനുണ്ടാവുന്ന കുഴപ്പമില്ല ഈതാന് കരിയിലുള്ള അവന്റെ കൂടെ പിരിയാതെ നടക്കുന്ന ചങ്ങയായിരിക്കും പിരിയ ജീവിതം ദിക്കുർ പിരിഞ്ഞാ ശൈത്താൻ പിരിയാണ്ട് ഒന്നിച്ചു കൊടുക്കും പിന്നെ അവന്റെ കൈകാര്യം ഞാൻ അപ്പോൾ ദിക്കര് ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ദൂഷ്യും മാനോ വലതോ അള്ളാഹുന്റെ ദുഃഖിന്ന് തൊട്ട് നിങ്ങളെ ലഹിവിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇത് ലഹുവാക്കാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് ആ അത് ഉണ്ടായിക്കോട്ടെ ഉണ്ടാണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഉണ്ടായാൽ അതിങ്ങൾ ലഹുവിലാക്കാൻ പാടില്ലാതെ പറഞ്ഞിട്ടുള്ളൂ മുതലിഷ്ടമായിക്കോട്ടെ അപ്പൊ മതിലിലുള്ള ഹാക്ക് ഹാക്കായിട്ട് വരണം അപ്പൊ അതിന്റെ ദിക്കൽ അങ്ങനെയാന്ന് മുതല് കൊണ്ടുള്ള തിക്കിലുണ്ടല്ല മക്കളെ കൊണ്ടുള്ള ദിക്കുണ്ട് അതിനെ കൊണ്ട് മക്കൾ എങ്ങനെയാണെന്ന് ചെവിൽ പാടുക്കേണ്ടത് വാങ്ങുക തൊട്ടുകൊടുക്കണം ഇള്ളൊടുപ്പിക്കേണ്ട ഒത്തുടിപ്പിക്കേണ്ട ഒത്തുടിപ്പിക്കണം എന്നാൽ അവൻകെല്ലാം നഷ്ടപ്പെട്ടവനായി വീടുകൾ വീടും കൂടെ പള്ളിയാ ഉദ്ദേശിക്കുന്നു അള്ളാഹു താല അത് പൊക്കാൻ വേണ്ടി സമ്മതം കൊടുത്തിട്ടുണ്ട് പള്ളി പള്ളി പെടുത്തു എത്ര കേട്ടോ അവിടെ നിൽക്കുന്നത് വർത്താനം പറയുണ്ട് അതിൽ അള്ളാന്റെ പേര് പറയപ്പെടും ആ വീടുകളിൽ